അഹരോന്റെ പുത്രന്മാരുടെ കൂറുകളോ അഹരോന്റെ പുത്രന്മാർ നാദാബ് അബിഹു എലയാസാർ ഈഥാമാർ നാദാബും അബീഹുവും അവരുടെ അപ്പനും മുമ്പേ മരിച്ചുപോയി അവർക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല അതുകൊണ്ട് എലയാസാരും ഈഥാമാരും പൗരോഹിത്യം നടത്തി ദാവീദ് എലയാസാറിന്റെ പുത്രന്മാരിൽ സാദോക് ഈഥാമാരിന്റെ പുത്രന്മാരിൽ അഹിമലെ എന്നിവരുമായി അവരെ അവരുടെ ശുശ്രൂഷയുടെ മുറപ്രകാരം വിഭാഗിച്ചു ഈഥാമാരന്റെ പുത്രന്മാരിൽ ഉള്ളതിനേക്കാൾ എലയാസാറിന്റെ പുത്രന്മാരിൽ അധികം തലവന്മാരെ കണ്ടതുകൊണ്ട് എലയാസാറിന്റെ പുത്രന്മാരിൽ പതിനാറ് പിതൃഭവന തലവന്മാരും ഈഥാമാരന്റെ പുത്രന്മാരിൽ എട്ട് പിതൃഭവന തലവന്മാരുമായി വിഭാഗിച്ചു എലയാസാറിന്റെ പുത്രന്മാരിലും ഈഥാമാരന്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിന്റെ പ്രഭുക്കന്മാരും ദൈവാലയത്തിന്റെ പ്രഭുക്കന്മാരും ഉള്ളതുകൊണ്ട് അവരെ തരഭേദം കൂടാതെ ചീട്ടിട്ട് വിഭാഗിച്ചു ലേവ്യരിൽ നഥനയലിന്റെ മകനായ ശെമയ്യ ശാസ്ത്രി രാജാവിനും പ്രഭുക്കന്മാർക്കും പുരോഹിതനായ സാധൂക്കിനും അബ്യാഥാരന്റെ മകനായ അഹിമലേക്കിനും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിദർഭവന തലവന്മാർക്കും മുമ്പാകെ ഒരു പ്രദർഭവനം എലയാസാരിനും മറ്റൊന്ന് ഈഥാമാരിനുമായി ചീട്ടുവന്നത് എഴുതിവെച്ചു ഒന്നാമത്തെ ചീട്ട് യഹോയാരീബിനും രണ്ടാമത്തേത് യദായാവിനും മൂന്നാമത്തേത് ഹാരിമിനും നാലാമത്തേത് ഷെയോരീമിനും അഞ്ചാമത്തേത് മൽക്കിയാവിനും ആറാമത്തേത് മിയാമിനും ഏഴാമത്തേത് ഹക്കോസിനും എട്ടാമത്തേത് അബിയാവിനും ഒമ്പതാമത്തേത് യേശുവയ്ക്കും പത്താമത്തേത് ഷന്യാവിനും പതിനൊന്നാമത്തേത് എല്യാഷിബീനും പന്ത്രണ്ടാമത്തേത് യാക്കീമിനും പതിമൂന്നാമത്തേത് ഹൂപ്പയ്ക്കും പതിനാലാമത്തേത് യേശെബയാമിനും പതിനഞ്ചാമത്തേത് ബിൽഗയ്ക്കും പതിനാറാമത്തേത് ഇമ്മേരിനും പതിനേഴാമത്തേത് ഹേസിരിനും പതിനെട്ടാമത്തേത് ഹപ്പിസേസിനും പത്തൊമ്പതാമത്തേത് പ്രദഹ്യാവിനും ഇരുപതാമത്തേത് യഹസ്കേലിനും ഇരുപത്തിയൊന്നാമത്തേത് യാഖീനും ഇരുപത്തിരണ്ടാമത്തേത് ഗാമൂലിനും ഇരുപത്തിമൂന്നാമത്തേത് ഡലായാവിനും ഇരുപത്തിനാലാമത്തേത് മയസ്യാവിനും വന്നു ഇസ്രയേലിന്റെ ദൈവമായ ഹോവ അവരുടെ പിതാവായ അഹരനോട് കൽപ്പിച്ചതുപോലെ അവനവർക്ക് കൊടുത്ത നിയമപ്രകാരം അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് യഹോവയുടെ ആലയത്തിലേക്ക് അവർ വരേണ്ടുന്ന ക്രമം ഇതായിരുന്നു ശേഷം ലേവി പുത്രന്മാരോ അംറാമിന്റെ പുത്രന്മാരിൽ ശൂബായൽ ശൂബായലിന്റെ പുത്രന്മാരിൽ യഹദ്ാവ് രഹബ്യാവോ രഹബ്യാവിന്റെ പുത്രന്മാരിൽ തലവൻ ഇഷ്യാവോ ഇസ്ഹാരിൽ ഷെലോമോത്ത് ഷലോമോത്തിന്റെ പുത്രന്മാരിൽ യഹത്ത് ഹെബ്രോന്റെ പുത്രന്മാർ എരിയാവ് തലവൻ അമരിയാവ് രണ്ടാമൻ യഹസിയൽ മൂന്നാമൻ യക്കമയാം നാലാമൻ ഉസിയേലിന്റെ പുത്രന്മാർ മീഖ മീഖയുടെ പുത്രന്മാർ ഷാമീർ മീഖയുടെ സഹോദരൻ ഇഷ്യാവു ഇഷ്യാവിന്റെ പുത്രന്മാരിൽ സെഖരിയാവ് മെരാരിയുടെ പുത്രന്മാർ മഹിളി മൂഷി യയസ്യാവിന്റെ പുത്രന്മാർ ബനോ മെരാരിയുടെ പുത്രന്മാർ യയസ്യാവിൽ നിന്നുഭവിച്ച ബനോ ഷോഹം സക്കൂർ ഇബ്രി മഹിളിയുടെ മകൻ എലയാസാർ അവന് പുത്രന്മാർ ഉണ്ടായില്ല കീശോ കീസിന്റെ പുത്രന്മാർ എരമ്യേൽ മൂശിയുടെ പുത്രന്മാർ മഹിളി ഏദർ എരീമോ ഇവർ പിദുർഭവനം പ്രദുർഭവനമായി ലവിയുടെ പുത്രന്മാർ അവരും അഹറിന്റെ പുത്രന്മാരായ തങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെ ദാവീദ് രാജാവിനും സാദോക്കിനും അഹീമെല്ലേക്കിനും പുരോഹിതന്മാരുടെയും േവ്യരുടെയും പിതൃഭവന തലവന്മാർക്കും മുമ്പാകെ അതത് പിതിർഭവനത്തിൽ ഓരോ തലവൻ താൻ തന്റെ ഇളയ സഹോദരനെപ്പോലെ തന്നെ ചിട്ടിട്ടുണ്ട്